ദൈവദാമത്തിന് മഹത്വം ദൈവം കേൾപ്പിച്ച വചനത്തിലായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം തന്ന നല്ല സാക്ഷ്യങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് ജോജി ബദര് ഹിബ്രായൽ ലേഖനത്തിൽ നിന്നും ആറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യമാണ് ഒരു പ്രത്യേക രീതിയിൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നു ബ്രദർ പറഞ്ഞ ദൈവത്തിന് മക്കളായ നമ്മളെക്കുറിച്ചുള്ള ആലോചന അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്വങ്ങൾ രണ്ട് എന്നേക്കും സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ വാക്യങ്ങൾ വചനങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ദൈവം ഒരാണയാൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത് അതുകൊണ്ട് തന്നെ അത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ അങ്ങനെയായിരുന്നു അത് ദൈവത്തിൻ്റെ രാഷ്ട്രത്തോടല്ല ലോകത്തെ സൃഷ്ടിച്ച നാളിൽ മനുഷ്യനെ ദൈവമുണ്ടാക്കിയ മുതൽ നമുക്ക് മേലുള്ള വാഗ്ദത്വങ്ങളും ദൈവത്തിൻ്റെ വചനവും സ്ഥിരമാണ് അതുകൊണ്ടാണിപ്പോൾ അവസാന സാക്ഷ്യം പറഞ്ഞ ആ മോള് പറഞ്ഞതുപോലെ ദൈവമാണ് അതിൻ്റെ മുൻകൈ എടുത്തത് നമ്മളല്ല നമ്മളുടെ നന്മ നന്മപ്രവർത്തികളല്ല അല്ല നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇതേപ്പറ്റി പറയുന്നു നമുക്കുള്ള വാക്തത്വങ്ങളെപ്പറ്റി ദൈവം ഉറപ്പിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഇരുപത്താറാം ഒന്നാം അധ്യായത്തിന് ഇരുപത്താറാം വാക്യം അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ ആകാശത്തുള്ള പർവജാതിന്മേലും മൃഗങ്ങളന്മേലും സർവ്വഭൂമിന്മേലും ഭൂമിയിൽ ഇജയുന്ന എല്ലാ ഇജാതികളുടെ മേലും വാചട്ടെ എന്ന് കൽപ്പിച്ചു നമുക്ക് ദൈവത്തിൻ്റെ ഇതിനപ്പുറത്തുള്ള വക്തത്വം ഭാഗം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കും ദൈവം തന്ന പരമമായ വാക്തത്വമാണ് ഇന്ന് റോമാലേഖനത്തിൽ നാം വന്നപ്പോൾ തന്നെ ആവർത്തിച്ചിത്രൻ്റെ സ്വരൂപത്തിന് അരുരൂപ അകനായിട്ട് ദൈവം നമ്മെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പുതിയ ദൈവത്തിൻ്റെ ചിന്തയല്ല മനുഷ്യ സൃഷ്ടി നടക്കുന്ന നാളിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് വച്ചിരുന്ന വാഗ്ദത്വമാണ് ആ വാഗ്ദത്വം നാം പ്രാപിക്കണമെങ്കിൽ ഇന്ന് നാം കേട്ട ഈ കീഴടക്കം എന്നുള്ള കാര്യം അത് നിവൃത്തിയാകണ ആകാനായിട്ടാണ് തൻ്റെ വാക്യങ്ങൾ തൻ്റെ വചനങ്ങൾ എന്നേക്കും സ്ഥിരപ്പെടുത്തിയിരിക്കുന്നുവെന്ന് നാം വായിച്ചത് രണ്ടാമത് കേട്ടു അല്ലേ നമുക്ക് എന്താണ് ഈ ഈ ഇതിൻ്റെ അർത്ഥം എന്നേക്കും സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദത്വങ്ങളും വചനങ്ങളും എന്ന് നാം കേട്ടപ്പോൾ അതിൻ്റെ കാര്യമുണ്ട് എന്താണ് അതിനൊരു പകരം സംവിധാനമില്ല ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കിഴ്പ്പെട്ടി കിഴ്പ്പെട്ടിരിക്കുന്നതിനും ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ വിശ്വസിക്കാതിരിക്കാനും നമുക്കൊരു ഒഴുകഴിവില്ല ഒരു പകരം സംവിധാനമില്ല എന്ന് ദൈവമാണ് ഇട്ട് എന്നാണ് നാം വായിക്കുന്നത് നാം കേട്ടത് കേട്ടതിൻ്റെ ഒരു ചുരുക്കം അതാണ് അപ്പം നമുക്ക് ഇവിടെ മനുഷ്യൻ്റെ മേൽ കൊടുത്തിരിക്കുന്ന ഈ വാഗ്ദത്വം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച സൃഷ്ടിച്ചപ്പോൾ ആ വാഗ്ദത്വം പ്രാപിക്കുവാനായിട്ട് ഒരു ഒരു വചനമാണ് ഒരു വചനമാണ് അവർക്ക് എന്താണ് നമുക്കറിയാം മനുഷ്യനോട് കൽപ്പിച്ചു തന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങൾ പതിനാറാം വാക്യം രണ്ടിൻ്റെ പതിനാറ് സകല വൃക്ഷങ്ങളുടെയും ഫലം കഴിക്കാം എന്നാൽ നന്മതിൽ മുകളെക്കുറിച്ച് അറിവിൻ്റെ വിഷത്തിൽ നിന്ന് തിന്നരുത് തിന്നുന്ന നാളിനീ മരിക്കും നോക്കി ഇതെന്തിനാണ് ഈ വചനം കൊടുത്തത് ഈ വചനത്തെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ സൗജന്യമായിട്ട് തരുവാൻ ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും ഒരുപോലെ നാം വിളങ്ങണം അപ്പം ദൈവത്തിന് ഉദ്ദേശമുണ്ട് വചനം കൊടുത്തതിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്യം ഇങ്ങനൊരു കൽപ്പന അവർക്ക് കൊടുത്തപ്പോൾ ദൈവം പിശാശിന് കൊടുക്കാത്ത ഒരു ഒരു കാര്യം മനുഷ്യന് കൊടുക്കുവാനായിട്ട് ദൈവം പിശാശിൻ്റെ അവസരം കൊടുത്തില്ല പക്ഷേ മനുഷ്യന് അനുസരണത്തിൻ്റെ ഒരു വ്യവസ്ഥ ദൈവം അതിൻ്റെ കൂടെ വയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് മേഖലകളിൽ സാത്താൻ നമ്മെ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ അവിശ്വസിക്കാനായിട്ടെപ്പോഴും സാത്താൻ നമ്മെ അതൊക്കെ നുണയാണ് ഇതൊന്നും ശരിയല്ല ഇതൊന്നും അല്ല ഇന്നത്തെക്കാളിതൊന്നും പ്രായോഗികമല്ല അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ആകുമ്പോൾ അപ്പിയ പ്രശ്നമില്ല ഇതൊന്നും അല്ല ജീവിതം എന്ന് തോന്നിപ്പോകുന്ന പരീക്ഷകൾക്ക് നാം വിധേയപ്പെട്ടു ഈ വാഗ്ദാത്വങ്ങൾ ശരിയല്ല എത്ര ശ്രമിച്ചാലും നമ്മൾ ഈ പാപത്തിൻ്റെ വിജയമൊന്നുമില്ല ഇതൊന്നും സാധ്യമല്ല ഇതൊക്കെ വെറും തിയറിയാണ് നോക്കുക ദൈവത്തിൻ്റെ വാഗ്ദാത്തത്തെ അവശ്വസിക്കുക രണ്ടാമത് ദൈവത്തിൻ്റെ വചനത്തെ തുച്ഛീകരിക്കുക സാധാരണ ഇപ്പോഴും എളുപ്പത്തിൽ വിജയിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഒരു കീഴ്വഴക്കമനുസരിക്കാനുള്ള മനോഭാവമില്ലാതെ നമ്മെ തെറ്റിച്ചു കളയുന്ന സാപ്താൻ്റെ ബിരുദിനാണ് നാം കീഴ്പെട്ടു പോവുക ഇവിടെ നോക്കും ഇവിടെ ഹവൈക്കറിഞ്ഞുകൂടായിരുന്നു ഈ തോട്ടത്തിന് മധ്യയുള്ള പഴം ഈ തോട്ടമൊക്കെ ഈ തോട്ടം ഹവൈക്കും ആദത്തിനും ഹവയ്ക്കും അറിയാം അതിൻ്റെ നടുവിലുള്ള വിശത്തെയും അവർക്കറിയാം അതിനുള്ള ഫലങ്ങളെയും അവർക്കറിയാം പക്ഷേ എപ്പോഴാണ് തെറ്റിപ്പോയത് സാത്താൻ്റെ വാക്യത്തിന് വചനത്തിന് ചെവി കൊടുത്തോ ലോകത്തിൻ്റെ ശബ്ദത്തിന് നാം ചെവി കൊടുത്തോ പിശാശ് ഓരോ പ്രലോഭനങ്ങൾ കൊണ്ടുവരുമ്പോൾ നാം അവിടെ നിന്നുകൊടുത്തോ അവിടെ എന്താ സംഭവിച്ചത് അവിടെ താൻ കണ്ടിട്ടുള്ള മരം ഇതിൻ്റെ പഴങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് ബോധപൂർവം മാറി ആ ഫലത്തെ നോക്കുക സാത്താൻ്റെ വചനത്തിനായിട്ട് സ ഹൗവ ചെവി കൊടുത്തപ്പോൾ ആറാം വാക്യം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവും എന്ന സ്ത്രീയെ കണ്ടു അതിനുമ്പ കണ്ടിട്ടില്ലായിരുന്നു നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് ദൈവഭചനത്തിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ കിഴക്കി കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ചപ്പോൾ അവർക്ക് ആ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ നമ്മൾ ലോകത്തിൻ്റെയോ സത്താൻ്റെയോ ആകർഷണങ്ങളൊക്കെ ചെവി കൊടുക്കുമ്പോൾ അവിടെ നോക്ക് അവിടെ കാണുന്നതാ ഇത് കാണുവാൻ ശ്രേഷ്ഠം അതുവരെ കാണാത്ത ഒരു കാഴ്ച അതുവരെ തോന്നാത്ത ഒരു താല്പര്യം പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരെ മുതിർന്നവരെ നാം ഇന്ന് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ മധ്യയല്ലേ നമ്മൾ കടലിൽ ഒരു ബോട്ട് പൊങ്ങിക്കിടക്കുന്നവരെ നമുക്ക് ലോകത്തിൽ നിന്ന് കത്താവ് തന്നെ പ്രാർത്ഥിച്ചു അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല നിന്ന് അവരെ കാത്തുകൊള്ളണം ലോകത്തിൽ നമ്മളെ ഇപ്പോൾ കത്താവ് ആഗ്രഹിക്കുന്ന സമയത്തെ നാം എടുക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ കർത്താവിന് പരവെങ്കിലോ അല്ലെങ്കിൽ നാം ഈ മരണത്താൽ വേർപെട്ട് പോകുമ്പോഴോ അല്ലാതെ ഈ ലോകത്തിൽ നിന്ന് നീക്കപ്പെടുന്നില്ല പക്ഷെ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ കീഴ്വഴക്കമില്ലാത്തിടത്താണ് സാത്താൻ ഈ കൊണ്ട് വരുന്നത് എന്നും അറിയണം എവിടെ കുടുംബത്തിൻ്റെ വ്യവസ്ഥ തെറ്റുന്നോ കുഞ്ഞുങ്ങളെപ്പോൾ മാതാപിതാക്കൾ പറയുന്നതിന് ഒരു മൂല്യം കൽപ്പിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നു അവിടെ അവിടെ സാത്താൻ വളരെ എളുപ്പമാണ് പണി അവിടെ നമ്മൾ കാണാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ കാണാത്ത ചില ഭംഗി ആ ചില കൗതുകം ഇത് കഴിക്കുവാൻ മനോഹരം ഇതാണ് ജീവിതം ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ സോഷ്യൽ മീഡിയ മറ്റു ഫേസ്ബുക്ക് പോലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഓർക്കണം മാതാപിതാക്കൾ പറയും മക്കളെ ഇതിൽ നിന്ന് വേണ്ട നിങ്ങളിതിൽ നിൽക്കുക അല്ലെങ്കിൽ ആൺകുട്ടികളുമായിട്ട് കൂടുതൽ നിങ്ങളൊരു സ്വാതന്ത്ര്യം എടുക്കണ്ട ആൺകുട്ടികളുമായിട്ട് നിങ്ങളൊരു പരിധിയിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആവശ്യമില്ല ദൈവമക്കൾക്ക് അത് ആവശ്യമില്ല ലോക ചില ഫോഷത്വമൊന്നും പ്രാകൃതമൊന്നും നിങ്ങളെ വിളിച്ചേക്കാം വേണ്ട എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ പുതിയ കണ്ടെത്തൽ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ വേണം ഇല്ലെങ്കിൽ കൂടുതൽ പാപത്തിലേക്ക് നാം പോകുമെന്നൊക്കെയുള്ള ലോകത്തിൻ്റെ പ്രമാണങ്ങൾക്ക് പുറകെ പോയി നമ്മളവിടെ അവിടെ വരുമ്പോൾ എന്താണ് അതിനെ അനുസരിച്ച് കിഴപ്പെടാതിരിക്കുമ്പോൾ ഹവ കണ്ടതുപോലെ ആ ഉച്ചഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും കാമ്യവുമെന്ന് നമുക്ക് സത്താൻ കടന്നു വരുന്ന വഴി ഏതാണ് ഫെബ്രുവരി നാമം ഞാനും ഈ കിഴടക്കത്തിൻ്റെ മുമ്പിൽ ഒരു കുടുംബം നിലയിൽ അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞതുപോലെ പരസ്പരം കീഴടങ്ങിയിരിക്കുക പലപ്പോഴും അധികാരം എടുക്കുവാനാണ് താല്പര്യം അല്ലെങ്കിൽ വേണ്ട വിധം ജ്ഞാനമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുവാനുള്ള സ്വാഭാവിക പ്രവണതയ്ക്ക് മുമ്പിൽ ഞാനിന്ന് മനസാന്തരപ്പെടുകയാണ് കാരണം അതേ അങ്ങനെ ചിന്തിച്ച് അതേ സ്ഥാനത്ത് തന്നെ വളരെ ആലോചനയും വളരെ വിവേകവുമുള്ള ചിന്തകളും ദൈവം തന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ആ പുരുഷ ഒരു മേധാവിത്യം അത് പുറത്ത് കാണുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആ ഒരു അവസ്ഥയെ ഓർത്ത് ഞാൻ മനസാന്തരപ്പെടുന്നു കുഞ്ഞുങ്ങൾ ആ വഴിയിൽ ദൈവ വഴിയിൽ ഞാനിങ്ങനെയാണ് ഞാൻ ഒരിക്കൽ എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നൊരു കഥയാണ് സാഗ് ബദർ അവരിക്കൽ പറഞ്ഞൊരു കാര്യം തൻ്റെ രണ്ടാമത്തെ മകന് ഒരു അനുസരണക്കീഴിലേക്ക് പോയപ്പോൾ ഒരു ചെറിയ കാര്യം ക്ലാസ്സെല്ലാം വീട്ടിൽ പറയാതെ ക്ലാസ് കട്ട് ചെയ്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി ചിലപ്പോൾ കൊച്ചുകുട്ടീനായിരുന്നു നിന്ന് ആ മകനൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസനായി ശുശ്രൂഷിക്കുന്നു അപ്പോൾ ആ മകന് ആ കളിയൊക്കെ തിരിച്ചു വന്നപ്പോൾ ഇത് ചില ദിവസങ്ങൾക്ക് ശേഷം ഭദ്രൻ അറിവ് കിട്ടി ബദ്ര സ്കൂളിൽ നിന്ന് വരുവാനായിട്ട് കാത്തിരുന്നു വന്നു ഈ മോനെ കൂട്ടിയ ഒരു മുറിയിലേക്ക് പോയി അവിടെ സാധാരണഗതിയിൽ വളരെ കഠിനമായ ശിക്ഷ ഈ കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം കൊടുക്കാറുണ്ട് ദൈവവചനത്തെ വചനത്തിന് മുമ്പിൽ അനുസരണത്തിൽ വചനത്തിന് മുമ്പിൽ കിചറങ്ങി വചനം പറയുന്നത് പോലെ കുഞ്ഞുങ്ങളെ വളർത്തിയ ഒരു ദൈവഭക്തിയിലാണ് അദ്ദേഹം അന്ന് പതിവിന് ഒരു വളരെ കർശനമായ അടിയാണ് പ്രതീക്ഷ ബെൽറ്റ് വെച്ചൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ ഒരു അടിയൊക്കെ പ്രതീക്ഷിച്ച് മകനെ ഭയപ്പെട്ട് തലകുണിച്ച് പിതാവിൻ്റെ മുമ്പിൽ നിന്നു മുറി ക കിടന്ന് കഥ മകനോട് പറഞ്ഞു നമുക്ക് മുട്ടുകുത്തിയൊരു വാക്ക് പ്രാർത്ഥിക്കാം ഇരുവരും മുട്ടുകുത്തി ഇരുവരും മുട്ടുകുത്തി ഭദ്ര പറഞ്ഞു പ്രാർത്ഥിച്ചു കത്താവെ എൻ്റെ മകനെന്നോട് സത്യസന്ധത കാണിക്കാൻ പറ്റാത്ത എന്നോട് നുണ തെറ്റിലേക്ക് പോകാൻ തക്കവണ്ണം എന്നോടവന് ആ സ്നേഹ ആ സ്വാതന്ത്ര്യം തോന്നാത്തവണ്ണം ഞാൻ ഏത് കാര്യത്തിലാണ് വീണ് പോയത് എന്നെ കാണിക്കണമേ അവിടെ ആ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ചില സമയങ്ങൾ ആ കുഞ്ഞിൽ ദൈവം കൊടുത്തു ഞാൻ അതേ തുടർന്ന് അതേ അമോൻ്റെ സാക്ഷന്ത തന്നെ കേട്ടിട്ടുണ്ട് ആ മോൻ്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞൊരു ജീ ദിവസമായിരുന്നു അത് എന്ന് ഞാനും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് ദൈവഭയം എവിടെയുണ്ടോ എവിടെ മാതാപിതാക്കൾ കരം കോർത്ത് ദൈവം ഭാഗം ഒട്ടുകൊത്തി ബാണസാന്തരപ്പെടുന്നുവോ അവിടെ കുഞ്ഞുങ്ങൾ ദൈവ വഴിയിൽ നിൽക്കും അഥവാ വീണാൽ ദൈവം മടക്കി കൊണ്ടുവരുവാൻ ശക്തനായവനാണ് ഞാനത് വിശ്വസിക്കുന്നു ഞാൻ ആ ഉപത്തിലൊക്കെ വന്നു പോയ പരാജയങ്ങൾ വീഴ്ചകൾ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയും ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുതലിനും വിശ്വസ്തയ്ക്കുമായിട്ട് ദൈവത്തെ നന്ദി പറയുകയും ചെയ്യുന്നു ദൈവം കൽപ്പിച്ച എല്ലാ വചങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ദൈവം കൽപ്പിച്ച സാക്ഷ്യങ്ങൾക്കും ഹൃദയത്തിൽ കൊടുത്ത ബോധ്യങ്ങൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാൻ സമയമായി